ാണ് എവിടുന്ന് ജീവൻ മുക്തി നേടും മുക്തി ജീവൻ മുക്തി ലക്ഷ്യമാക്കി ചെയ്താലും അബദ്ധം പറ്റിപ്പോക്തി വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള സ്വരൂപം അതിന്റെ സ്വഭാവം തന്നെ മുക്തിയാണ് അത് തന്നെ മുക്തമാണ് അത് ബദ്ധമേ അല്ല കഥാചിത് ബ അത് നിത്യമുക്തമായ വസ്തുവാണ് ആ നിത്യമുക്തമായ വസ്തുവിനെ നമുക്ക് കിട്ടുന്നു അതാണ് ഒരു അത്ഭുതം അതാണ് നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ നിത്യാനുഭൂതമായ തന്നെ തനിക്ക് കിട്ടിയപ്പോ താനല്ലാത്ത വസ്തുക്കളിലുള്ള ആഗ്രഹമൊക്കെ പോയി അതാണ് നിവൃത്ത തൃഷ്ണ അങ്ങനെയാണെങ്കിൽ ആഗ്രഹം പോവുകയുള്ളൂ ആഗ്രഹങ്ങളെ ചണ്ട കൂടിയിട്ട് കാര്യമില്ല ഒരു കൊ കൊച്ചുകുട്ടിക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള കാറ് വേണം എന്നൊരാഗ്രഹം വാങ്ങിച്ചു കൊടുക്കാൻ വീട്ടിൽ വഴിയില്ല അല്ലെങ്കിൽ കൂട്ടാക്കണില്ല അടിച്ചു നാല് അടി കൊടുത്ത് അവിടെ ഇരുത്തി കുട്ടിയെ വാങ്ങിച്ചു തരില്ല കുട്ടി ആഗ്രഹം അകത്ത് വെച്ച് ഭയം കൊണ്ട് അങ്ങനെ ഇരുന്നു ആ കുട്ടി പത്താമത്തെ വയസ്സിൽ അത് അല്ലെങ്കിൽ ജോലി വാങ്ങിച്ച ശേഷം ആദ്യത്തെ ശമ്പളം കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കാറ് വാങ്ങുക ചെയ്യുവോ ആഗ്രഹം എങ്ങനെ പോയി ഉപേക്ഷിച്ചതാണോ ൂടി മാറ്റിയതാണോ നീക്കെന്ത ചെയ്യാൻ എന്തെങ്കിലും പ്രയത്നം വേണ്ടി വന്നു ആ മണ്ഡലം അങ്ങട് കഴിഞ്ഞതോടുകൂടെ ആ കാലം അങ്ങട് കഴിഞ്ഞതോടുകൂടെ ആ ആഗ്രഹം വിട്ടുപോയി അപ്പൊ തന്നെ എന്ത് കാണിക്കണോ അത് സത്യമല്ല ഒരാഗ്രഹവും സത്യമല്ല ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് സത്യമായിട്ട് തീരുന്നു ഏതെങ്കിലും കുട്ടികളെ അമ്മിക്കൊഴുവിണം ആഗ്രഹിക്കുക എന്തുകൊണ്ട് ആഗ്രഹിക്കില്ല അമ്മിക്കൊഴവിക്കും കുട്ടിക്കും ഒരു ബന്ധവും സ്ഥാപിക്കാത്തത് കൊണ്ട് കുട്ടി അമ്മിക്കൊഴുവി ആഗ്രഹിക്കുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടികൾ അമ്മിക്കുഴവി കൊണ്ട് കളിച്ചാൽ ഈ കുട്ടി ആഗ്രഹിക്കും നോക്കണം അംഗീകരിക്കുന്നത് കൊണ്ടാണ് അതിനോട് ബന്ധമുണ്ടാവുന്നത് നമുക്കൊക്കെ അംഗീകരിക്കുന്നത് കൊണ്ട് ബന്ധമുണ്ടാവുന്നു എന്തിനെ നമ്മള് വാസ്തവമെന്നും നമുക്ക് സംബന്ധമുണ്ട് എന്നും അംഗീകരിക്കുന്നുവോ അതിനോട് ബന്ധം ഒരു പരമചരിദ്രൻ കാറ് വേണം എന്ന് ആഗ്രഹിക്കുകയില്ല ഒരുമാതിരി പണം വന്നിട്ട് അടുത്ത വീട്ടുകാരൻ വാങ്ങിച്ചാൽ വേണം തോന്നും അംഗീകരിച്ചു അതുകൊണ്ട് വേണം കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം എല്ലാത്തിലും അംഗീകരിക്കുന്നത് കൊണ്ട് വേണം എന്ന് തോന്നും അപ്പോ ഭഗവാനെ അംഗീകരിച്ചാൽ ഭഗവാനെ വേണം എന്ന് തോന്നിയാൽ ഭഗവാനല്ലാത്ത വസ്തുക്കളൊക്കെ തന്നി വിട്ടുപോവില്ലേ പ്രയത്നം വേണോ ഭഗവാനെ ആവട്ടെ വേണം എന്ന് വെച്ചാൽ ആഗ്രഹിച്ചാൽ കിട്ടുമോ എന്ന് വെച്ചാൽ ലോകത്തിൽ ആഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു വസ്തുവാണ് ഭഗവാൻ ലോകത്തിലുള്ള മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ ആഗ്രഹം കൊണ്ട് കിട്ടുന്ന വസ്തുക്കളല്ല പ്രയത്നം കൊണ്ട് കിട്ടുന്ന വസ്തുക്കളാണ് ീശ്വരൻ അല്ലാത്ത സകല വസ്തുക്കളും കർമ്മത്തിനെ ആശ്രയിച്ചു നിൽക്കുമ്പോ ഈശ്വരൻ മാത്രം ശ്രദ്ധയെ ആശ്രയിച്ചു നിൽക്കും കാരണം എന്താ ഈശ്വരൻ സിദ്ധമായ വസ്തുവായതുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന ഒരു മാല കാണാനില്ലെങ്കിൽ അതിനെ നേടിയെടുക്കാൻ എനിക്ക് കർമ്മം വേണ്ട കാണുകയേ വേണ്ടൂ നേരെ മറിച്ച് പുറമേ നിന്നുള്ളൊരു സാധനമാണെങ്കിൽ വാങ്ങിക്കണം പ്രയത്നിക്കണം കർമ്മം ചെയ്യണം ഇത് സിദ്ധമായ വസ്തു സിദ്ധമായ വസ്തുവിനെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി ആഗ്രഹിക്കാന്ന് വെച്ചാൽ മനസ്സിനെ അതിലേക്ക് ഇടുക അപ്പൊ എന്താവും ആഗ്രഹവും പോകും ആഗ്രഹവും പോകും ആഗ്രഹത്തിന് ഈശ്വരൻറെടുത്ത് വച്ചാൽ ആഗ്രഹം പോകും ഈശ്വരൻ മാത്രം അവശേഷിക്കും ഈശ്വരൻ ഉള്ളിലുള്ള അഹംബോധം നമ്മളുടെ സ്വരൂപം നമ്മളുടെ ആത്മാവ് അഹം ആത്മാ ഗുഡാകേശ് സർവഭൂതാശയസ്ഥിതെ മദ്യം കൃഷ്ണൻ പറഞ്ഞു ഭഗവർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു മദ്യത്തിലുണ്ട് അവസാനത്തിലുണ്ട് ജാഗ്രതത്തിലുണ്ട് സ്വപ്നത്തിലുണ്ട് സുഷുപ്തിയിലുമുണ്ട് സകല അവസ്ഥാവിശേഷങ്ങളും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും മാറി മാറി വരുമ്പോ ഒരു മാറ്റം കൂടാതെ അവശേഷിക്കുന്ന നിത്യാനുഭൂതമായ വസ്തുവാണ് ഞാൻ അതിനെ ലഭിക്കണമെങ്കിലോ ശ്രദ്ധാവാൻ ലഭതെ ശ്രദ്ധയെ അതിൽ വയ്ക്കൂ തദ്ധയ തദ്ത്മാന തന്നിഷ്ഠാഹ തത്പരായണാ ഗി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമുദ്ധയ തദ്ത്മാന തന്നിഷ്ഠാഹ തത്പരായണ ഇതെവിടെ സംഭവിക്കും ബുദ്ധി കൊണ്ട് അതിനെ കേൾക്കുന്നു അത് ഞാനാണെന്ന് ധ്യാനിക്കുന്നു ശരീരത്തിനെയും നിത്യം അതിനുവേണ്ടി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിധത്തിന്റെ ലക്ഷ്യം തന്നെ പരത്തിലേക്കുള്ള അയനമാണെന്ന് നിശ്ചയിക്കുന്നതാണ് പാരായണം അത് ഉറപ്പിക്കുന്നു ഇതൊക്കെ എവിടെ സംഭവിക്കും സത്സംഗത്തിൽ അല്ലെ ചെവി കൊണ്ട് കേൾക്കുന്നു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു ഹൃദയത്തിന് ഞാനതാണെന്ന് ധ്യാനിക്കുന്നു രക്ഷന്തി അപുനരാവൃത്തി വീണ്ടും തിരിച്ചു വരില്ല എന്നാണ് ചിലരൊക്കെ എങ്ങനെയാണ് സത്സംഗത്തിൽ രണ്ടു വിധത്തിലുള്ള ആളുകൾ ചിലപ്പോ തിരിച്ചു ഒന്ന് കിട്ടേണ്ടത് കിട്ടി ഒരേ പോക്ക് പോകും ചിലരെ ഒന്നും പിടികിട്ടാത്തതുകൊണ്ട് പിന്നെ വരികയില്ല ചിലരുണ്ടെങ്ങനെയും വരും ഈ ഡോറിലൂടെ വരും ഇവിടെ എങ്ങനെയും നോക്കിയിട്ട് എങ്ങനെ എല്ലാരെയും നോക്കും പറയുന്ന ആളെയും നോക്കും ഒരു അഞ്ചു മിനിറ്റ് നേരം നിൽക്കും ബാക്ക് ഡോറിൽ പോകും അതില് രണ്ടു വിധത്തിലുള്ള ആളുകളും എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ശ്രീലങ്കയിൽ വന്നു ശ്രീലങ്കയില് യാഴ്പാണത്തിൽ വെച്ച് സ്വാമിയുടെ ഒരു പ്രസംഗം നടക്കുമ്പോ പ്രഭാഷണം തുടങ്ങിയത് സബ്ജക്റ്റ് ഈസ് വാസ്റ്റ് ആൻഡ് ഡീപ്പ് ദ ടൈം ഈസ് വെരി ഷോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികൾ ഒരു സബ്ജക്റ്റ് തുടങ്ങി ഈ വാക്ക് പറഞ്ഞതും പ്രഭാഷണം കേൾക്കാൻ മുമ്പിലിരിക്കുന്ന ഒരു പയ്യൻ ചട്ടുന്ന എഴുന്നേറ്റോട് പുറം തട്ടി പുറമേക്ക് പോയി അദ്ദേഹം ശ്രീലങ്കയിൽ മുഴുവൻ പരമാരാധ്യനായിട്ട് തീർന്ന പിന്നീട് യാഴ്പാണം യോഗാസ്വാമികൾ എന്ന് പറഞ്ഞ് പരമസിദ്ധനായിരുന്നു ഈ വരച്ച വാക്കാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് എണീപ്പിച്ചത് സബ്ജെക്റ്റ് ഈസ് ടു ഡീപ്പ് ആൻഡ് വാസ്റ്റ് ടൈം ഈസ് എത്ര സമയം ഉണ്ടെന്നറിയില്ല എപ്പ മരിക്കും എന്നറിയില്ല പിടിക്കും എന്നറിയില്ല കുട്ടിക്ക് പതിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അവിടുന്ന് എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന് ഏതോ യോഗിയുടെ സമ്പർക്കം ഉണ്ടായി ബ്രഹ്മനിഷ്ഠനായിട്ട് തീർന്നു അപ്പൊ സത്സംഗത്തെ സത്സംഗത്തിലെ വിളക്ക് തീ പിടിക്കുവേ സത്സംഗം എന്തിനാ തീ കൊളുത്താനാണ് വിളക്കുന്നേ കൊളുത്താൻ പറ്റുള്ളൂ ഫോട്ടോ ഒന്നും കൊളുത്താൻ പറ്റില്ല അല്ലേ ഇലക്ട്രിക് ബൾബൊന്നും കൊളുത്താൻ പറ്റില്ല ഫോട്ടോ വിളക്കിന്റെ ഫോട്ടോ എടുത്തു വെച്ചാൽ ചിലപ്പോ പെയിന്റിംഗ് വെച്ചാൽ വിളക്ക് പോലെ തന്നെ ഉണ്ടാവും വിളക്കിന്റെ ഷെയ്ഡ്സ് ഒക്കെ വീണുണ്ടാവും പക്ഷെ അത് ഇനി ഒരു വിളക്ക് കൊടുത്താൻ പറ്റില്ല ഒരു ബോധത്തിൽ നിന്നേ ഇനിയൊരു ബോധം ഉദിക്കുകയുള്ളൂ ഉണർവിൽ നിന്നേ ഉണർവ് ഉദിക്കുകയുള്ളൂ വിളക്ക് നിന്നേ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ അപ്പൊ സത്സംഗത്തിന്റെ പ്രയോജനം എന്താ സത്സംഗത്തിൽ ഇരുന്നാൽ സത്സംഗം ഉണ്ടാവും പുറമേക്കുള്ള സത്സംഗത്തിൽ ഇരിക്കേ ഇരിക്കേ ഇരിക്കെ അകമേക്കുള്ള സത്തുമായിട്ടുള്ള സംഘം ഉണ്ടാവും അകമയ്ക്കുള്ള സത്ത് എന്താ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നമ്മളല്ലാത്ത വസ്തുക്കളോടുള്ള സംഘം വിട്ട് യഥാർത്ഥ വസ്തുവുമായിട്ടുള്ള സംഘം തുടങ്ങും യഥാർത്ഥ വസ്തുവുമായിട്ടുള്ള സംഘം തുടങ്ങിയാൽ ചലത്തിനെ വിട്ട് അചലത്തിനെ പിടിച്ചു അതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ബാക്കിയൊക്കെ ചലരും ചലിക്കാത്തത് എന്താ സ്വരൂപം മാത്രം ആത്മാത്രം അത് അചലം അപ്പൊ ചലത്തിന്റെ പിടിവിട്ട് അചലത്തിനെ പിടിച്ചാൽ ചലത്തിന്റെ പിടിവിടുമ്പോ തന്നെ അചലം പ്രകാശിക്കും ും സത്സംഗം അതിനുവേണ്ടി മാത്രമാണ് ചലത്തിന് പിടിവിടിവിപ്പിക്കാം പിടിവിടിവിപ്പിച്ചാൽ തന്നെ അച്ചലമായിട്ടുള്ളത് ഉള്ളിൽ തെളിഞ്ഞു നിൽക്കും നിത്യ സർവഗത സ്ഥാണു അച്ചലോയം സനാതന സനാതനമായ വസ്തു ഇറ്റേണൽ പ്രിൻസിപ്പിൾ ഇറ്റേണൽ ട്രൂത്ത് ടൈംലെസ് ട്രൂത്ത് ദേശകാലങ്ങൾക്ക് അതീതമായ സത്ത ശിവം ശിവം നമ്മളുടെ സ്വരൂപമായിട്ട് പ്രകാശിക്കുമ്പോ നിശ്ചല തത്വേ ജീവൻ മുക്തി ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അതേപോലെ പോകും താടിയൊന്നും നീട്ടി വളർത്തണ്ട തലമുടിയൊന്നും നീട്ടി വളർത്തണ്ട ജതയൊന്നും വേണ്ട വസ്ത്രമൊന്നും മാറ്റണ്ട കാഷായമൊന്നും വേണ്ട പേരൊന്നും മാറ്റണ്ട പ്രത്യേകിച്ചു പുറമേക്കൊരു ലൈറ്റൊന്നും വരേണ്ട ആവശ്യമില്ല നമുക്ക് ഉള്ളില് തെളിച്ചുണ്ടായാൽ ശാന്തി ഉണ്ടായാൽ എന്നുവെച്ചാൽ പുറമേക്ക് ഇങ്ങനെയൊന്നും വേണ്ട എന്ന് നിഷേധിച്ചതല്ല സന്യാസം വേണ്ട എന്ന് നിഷേധിച്ചതല്ല ബ്രഹ്മചര്യം വേണ്ട എന്ന് നിഷേധിച്ചതല്ല പക്ഷേ ഈ സത്സംഗത്തില് നമുക്ക് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സത്വമായിട്ടുള്ള സംഘം ഈശ്വരനുമായിട്ടുള്ള സംഘം ഏർപ്പെട്ടു തുടങ്ങുമ്പോ മൂന്ന് പേര് ചേർന്നാൽ നാലാമത്തെ ആളെ അവിടെ പ്രകാശിക്കും അതാണ് അങ്ങനെ ഒരു കഥയുണ്ട് തമിഴില് ഭൂതത്താഴ്വാർ പെയ്യാഴ്വാർ കൊയ് കെയ്യാഴ്വാർ ഈ മൂന്ന് ഭക്തന്മാരും കൂടെ ഒരു അമ്പലത്തില് ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് കണ്ടുപുട്ടി എന്നാണ് കഥ അതിൽ ഒരാഴ്വാർ ആൾവാർ എന്നുവെച്ചാൽ തന്നെ ആഴ്ന്നു മുങ്ങുന്നവൻ എന്ന അർത്ഥം അതെ ഹൃദയത്തില് ആഴ്ന്നു സ്വരൂപത്തിൽ മുങ്ങുന്നവരാണ് അപ്പൊ അതിലെ ഒരു ഭക്തൻ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നു നല്ല ഇടിയും മഴയും അതിന് രക്ഷപ്പെടാനായി ഒരിടത്ത് കയറി കിടന്നതാണ് കിടന്നപ്പോ മറ്റേ ഭക്തൻ രണ്ടാമത്താഴവിടെ വന്നു വന്നപ്പോ എനിക്ക് സ്ഥലം ഉണ്ടാവുകയോ ചോദിച്ചു രണ്ടു പേർക്ക് ഇരിക്കലാം എന്ന് പറഞ്ഞു കിടക്കാൻ പറ്റിയ കിടക്കാൻ പറ്റില്ലാന്ന് പറയുന്നതിന് ഇരിക്കാം രണ്ടു ഭക്തന്മാരും കൂടെ ഇരുന്നു മൂന്നാമത്തെ ആഴുകാർ വന്ന് എനിക്ക് സ്ഥലം ഉണ്ടാവുകയോ ചോദിച്ചു മൂന്നു പേർക്ക് മൂന്നുപേര് നിന്നു അത്ര നിന്നപ്പോ നാലാമത്തെ ആൾ അവിടെ ആവിർഭവിച്ചു എന്നാണ് തുലിയ വസ്തു അവിടെ പ്രകാശിച്ചു മൂന്ന് ഭക്തന്മാർ ചേരുന്നിടത്ത് ഭഗവാനെ അവിടെ പ്രകാശിക്കുക സത്സംഗത്തിലെ നമ്മൾക്ക് സത്സംഗത്തിന്റെയൊക്കെ പ്രയോജനമുള്ളതാണ് ഇങ്ങനെ ഇരിക്കുമ്പോ എവിടെയോ ആ വസ്തു ജ്വലിക്കും നമ്മളെ അറിയാതെ കൃപയുടെ കാറ്റു വീശും ആരുടെ ഏൽക്കുക എന്ന് അറിയില്ല ആർക്കാണോ അനുഭൂതിയുടെ രസം ഉണ്ടാവുക എന്നറിയില്ല ആര് സത്തിനെ ജഡത്തിനെ നീക്കി സത്തിനെ കാണൂ എന്നറിയില്ല ഏതോ ഒരു ക്ഷണത്തിൽ ചിത്തവൃത്തികൾ നിശ്ചലമായി നിന്നാൽ തന്നെ സത്യം പ്രകാശിക്കും സത്യം നമുക്കുണ്ടേ ചിത്തവൃത്തികൾ ഒരു മറ സൃഷ്ടിക്കുകയാണ് ആ മറ നീങ്ങിയാൽ വിടവിലൂടെ പോലും സത്യം കാണും ജനലിന്റെ ഉള്ളിൽ സ്വാമിയെ കാണുന്ന പോലെ ചിത്തവൃത്തികൾക്ക് തമ്മിലുള്ള വിടവിലൂടെ പോലും സത്യം കാണും ഓരോ ചിത്തവൃത്തികൾക്കും നടുവില് സത്യമാണ് ഒരു ചിത്തവൃത്തി വന്ന് അടുത്ത ചിത്തവൃത്തി വരുമ്പോ അതിന്റെ നടുവിലെ നിശ്ചലമായ ഒരു ഇടവേളയില് സ്വരൂപം പ്രകാശിക്കണം അപ്പൊ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികൾ നിശേഷം പതുക്കെ പതുക്കം വിട്ടുമാറിപ്പോകുമ്പോ പ്രജ്ഞ ബോധം നല്ലവണ്ണം തെളിഞ്ഞു ജ്വലിക്കും അതാണ് നിശ്ചല തത്വം നിശ്ചലതത്വേ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ സ്വാതന്ത്ര്യം ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ എല്ലാവിധത്തിലുള്ള ബന്ധവിമുക്തി ഈ ബന്ധവിമുക്തിയാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഇതറിയാതെ ജീവിതത്തിനെ പാഴാക്കിക്കളയരുത് എന്ന് പറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിക്കാനാണ് മഹാത്മാക്കളൊക്കെ വരുന്നത് ആദിശങ്കര ഭഗവത്പാദർ ഏഴാമത്തെ വയസ്സാവുമ്പോഴേക്കും ഈ സത്യം ഈ പരമാത്മ സത്യം അറിയണം ്രഹ്മചിജ്ഞാസ ഉദിച്ചു ഏഴാമത്തെ വയസ്സാവുമ്പഴേക്കും എഴുപത് വയസ്സായാലും കുതിക്കണില്ല അല്ലേ ഹലോ നോക്ക എൺപത് വയസ്സായാതും കുതിക്കണല്ല എൺപത് വയസ്സായ ഒരാൾ എന്നോട് പറഞ്ഞു എന്റെ അച്ഛൻ എന്നെ അമേരിക്കയിൽ പോയി സമ്പാദിച്ചുകൊണ്ട് വരാൻ നിർബന്ധിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ അച്ഛന് ആ നാട്ടിലുള്ളവരോടൊക്കെ പറയണം എന്റെ മകൻ അമേരിക്കയിലാണെന്ന് പറയണ അത്ര അച്ഛന് വയസ്സ് എൺപത്തി മകൻ സത്സംഗത്തിലൊക്കെ രുചിയായിട്ട് നടക്കുന്നു അപ്പൊ മകനോട് അച്ഛൻ പറയാണ് ദശരഥന് വേണ്ടി രാമൻ കാട്ടില് പോയില്ലേ അതാണ് ആദർശം ദശരഥൻ പറഞ്ഞത് രാമൻ കേട്ടില്ലേ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു എന്താ പറയണ്ട സ്വാമി ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു ദശരഥൻ പറഞ്ഞത് രാമൻ കേട്ടു ഹിരണ്യകശിപു പറഞ്ഞത് പ്രഹ്ലാദൻ കേട്ടില്ലല്ലോ ദശരഥൻ ആണെങ്കി കേൾക്കാം ഹിരണ്യകശിപു ആണെങ്കിൽ എങ്ങനെ കേൾക്കാം എൺപത്തിയഞ്ച് വയസ്സായി തൊണ്ണൂറ് വയസ്സായാലും ഇതിൽ രുചി വരണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ ആചാര്യസ്വാമികൾ വയസ്സ് കൗമാര ആജ്ഞാധർമാൻ ഭാഗവതാണി ഏഴാമത്തെ വയസ്സ് എട്ടാമത്തെ വയസ്സാവുമ്പോഴേക്കും കാലടിയിൽ നിന്നും ഈശ്വര സാക്ഷാത്കാരം ഉദ്ദേശിച്ച് ബ്രഹ്മനിഷ്ഠ ഉദ്ദേശിച്ച് ബ്രഹ്മജ്ഞാനത്തിന് ഉദ്ദേശിച്ച് കാലടിയിൽ നിന്നും മധ്യപ്രദേശ് വരെ പോയി നമുക്ക് തിരുവനന്തപുരം സിറ്റിയുടെ ഉള്ളില് ഉത്രാനന്തപുരത്ത് വെച്ചാൽ അമ്പലമുക്കില് ദൂരം അധികം അമ്പലമുക്കില് വെച്ചാൽ കോട്ടയൽ വരാൻ ദൂരം അധികം കോട്ടയല് ഒരു തെരുവില് വെച്ചാൽ ഇനിയൊരു തെരുവ് കാണ എങ്കാത്തിൽ ഇരിക്ക എപ്പിടി വരുവാ ഇനിയിപ്പൊരാത്തുക്കുള്ളിയേ വെച്ചാ നിങ്ങ കൂടത്തിൽ ഉക്കാന്ന് ചെന്നാ അടുക്കോളിൽ ഇരിക്കുന്ന വാള്ക്ക് കേക്കും ഓരോരുത്തരോട് ഹൃദയത്തിലെയും പൂന്തിണ്ട് ഭഗവാൻ പറഞ്ഞു അപ്പോ മധ്യപ്രദേശ് വരെ എട്ട് വയസ്സ് കുട്ടി ആലോചിച്ചു നോക്കൂ ബസ് ഇല്ല ട്രെയിനില്ല പ്ലെയിൻ ഇല്ല പോയി ഗോവിന്ദ ഭഗവത്പാദരോടുകൂടെ രണ്ടു വർഷം താമസിച്ചു ജീവൻ മുക്തനായിട്ട് അത്രയേ ഉള്ളൂ രണ്ടു വർഷം താമസിച്ച് വേണം എന്നുണ്ടെങ്കിൽ രണ്ടു വർഷം പോലും അധികമാണെന്നോ രണ്ടു വർഷം ഗോവിന്ദ ഭഗവത്പാദരുടെ കൂടെ താമസിച്ച് സത്യം തെളിഞ്ഞ് പതിനൊന്നാമത്തെ വയസ്സിൽ ജീവൻ മുക്തനായ ആചാര്യർ ശങ്കരഭഗവത്പാദർ കാശിയില് ഗംഗാതീരത്തില് വന്ന് ഉപനിഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം ഗംഗാതീരത്തിൽ ഇരുന്ന് ഉപനിഷത്ത് പാഠം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് ഒരു ദിവസം കാശിയിൽ ഒരു തെരുവിലൂടെ നടക്കുമ്പോ ഒരു പാഠശാല ഉമർത്തിരുന്നു ഒരു വൃദ്ധൻ വയസ്സനായിട്ടുള്ള ആള് കാണിനിയുടെ വ്യാകരണം പഠിച്ചു സൂത്രം കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക ഡുകുഞ്ഞുകരണേ എന്നൊരു സൂത്രം ഡുഗ്രഞ്ഞ് കരണയെ ഡുഗ്രഞ്ഞ് ആചാര്യസ്വാമികൾക്ക് സങ്കടം തോന്നി ഒരിക്കലും ഒരു വൃദ്ധനെ ഞാൻ കണ്ടു വയസ്സുകാലത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ ശുദ്ധത കൊണ്ട് രാമായണമോ ഭാഗവതമോ എന്താ നോക്കിയപ്പോ ഹൗ ടു ഡ്രൈവ് എ കാർ വയസ്സ് എഴുപത്തഞ്ച് എൺപത് വയസ്സായി കഴിഞ്ഞു ഇനി അദ്ദേഹം കാർ ഓടിക്കാൻ പോണില്ല ഓടിച്ചാൽ മറ്റുള്ളവർക്ക് നല്ലതല്ല അപ്പൊ ഈ ഘട്ടത്തില് ഇയാൾ ഒരു പ്രയോജനവും എന്ത് ചെയ്യാൻ പറ്റും ആരും പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഇവിടെ ഇയാൾ വൈകിട്ട് ഈ സന്ധ്യാകാലത്തിൽ ഡുക്രിഞ്ഞുകരണേ ഡഭുജഷ്പാകേൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ആചാര്യസ്വാമികൾ കണ്ടു പറഞ്ഞിട്ടില്ലെങ്കിലും ദൂഷ്യമായി പോകും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ചിലർ ചിലരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ദൂഷ്യമായി പോവും പറഞ്ഞാൽ ചിലർ കേൾക്കും കേട്ടാ കേൾക്കട്ടെ കേട്ടിട്ടില്ലെങ്കിൽ പോട്ടെ ചിലരെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത് വന്നാൽ അങ്ങനെ പറയരുത് നമ്മൾ പറഞ്ഞാൽ അവരെ പറയുന്നത് നിർത്തി നമ്മളെ പറഞ്ഞു തുടങ്ങും വയസായിവരാണെന്ന് പറഞ്ഞ് ചിലപ്പോ ഉപദേശിച്ചാൽ ഫലിക്കില്ല വയസായി കഴിഞ്ഞു ഇങ്ങനെ സന്ധ്യാസമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കണമല്ലോ ഓ നീ വലിയ വേദാന്തി വന്നിരിക്കണം തുടങ്ങി നമ്മളെ കുറിച്ച് തുടങ്ങും അപ്പോ ചിലപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ലതും അല്ല പറയണം അപ്പൊ ആചാര്യസ്വാമികൾ ഈ വൃദ്ധനെ കണ്ട് ഡുകരണയെ ഡുഗ്രഞ്ഞ്ചരണയെ പഠിച്ചുകൊണ്ടിരിക്കുക വയസ്സ് വ്യാകരണമൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചാൽ പ്രയോജനമുണ്ട് അല്ലേ ഇവിടെ ഡുക്രിഞ്ഞുകരണയെ വ്യാകരണം മാത്രമല്ല സകല അപരാവിദ്യകൾ നമുക്ക് നാളെ കാണാം എല്ലാം എല്ലാ വിദ്യകളും ഉപജീവനത്തിനുള്ള വിദ്യയൊക്കെ ഉപജീവനം എന്നാണ് അതിന് പേര് ജീവനമല്ല ജീവനം സർവഭൂതേഷു അഹം എന്ന് ഭഗവാൻ ജീവനമായിട്ട് നിൽക്കുമ്പോ ബാക്കിയൊക്കെ ഉപജീവനം അതൊക്കെ ജീവിക്കാൻ ശരീര നിർവഹണം ശരീരനിർവഹണത്തിനെയേ ജീവിതമാക്കിയാലോ ജീവിക്കാൻ വേണ്ടി ശരീര നിർവഹണം ചെയ്യും ശരീര നിർവഹണമേ ജീവിതമാക്കിയാൽ അങ്ങനെയുള്ള ആളാണ് രാമായണത്തിൽ കബന്ധൻ രാമൻ കൊല്ലുന്ന കബന്ധന ഉണ്ടല്ലോ കബന്ധൻ ആരാ അയാൾക്ക് തലയൊക്കെ വയറിൻ്റെ ഉള്ളില്ല എന്നുവെച്ചാൽ തലയെ മുഴുവൻ വയറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് അർത്ഥം വയർ നിറയ്ക്കാൻ വേണ്ടി ഉത്തമാങ്കം മനുജന്ന് വയറെന്ന് ഷഠിപ്പവർ അപ്പോ ഇവര് ഡുഹൃകരണെ വയസ്സുകാലത്ത് വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ട് ആചാര്യസ്വാമികൾ പാടിയതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ ഇങ്ങനെ വിളിക്കാൻ പാടുവാണ് വേറെ എന്താ വിളിക്കേണ്ടത് വേറെ എന്താ വിളിക്കേണ്ടത് ഇയാളെ മൂഢമത്തെ എന്നല്ലാതെ ബുദ്ധിക്ക് മൗഢ്യം ബാധിച്ചതുകൊണ്ടല്ലേ യമൻ വരും എന്ന് അറിയാത്തത് സമ്പ്രാപ് സന്നിഹിത്തെ കാലേ നഹി നഹി രക്ഷത്തിന്യകരണേ സംപ്രാപ്തേ സന്നിഹിത്തെ കാലേ കാലൻ യമൻ വന്നു കൂടെ നടക്കണമുണ്ടെന്ന് സഹൈവ മൃത്യുരതി സഹ മൃത്യു ീർഘം അധ്വാനം സഹമൃത്യുഹൂ നിവർത്തകേ വാൽമീകി രാമായണത്തിൽ രാമൻ ഭരതനോട് പറയാണ് നമ്മൾ ജനിക്കുമ്പോ മൃത്യു കൂടെ ജനിക്കണോ നമ്മൾ നടക്കുമ്പോ കൂടെ നടക്കണോ നമ്മൾ ഇരുന്നാ ഇരിക്കും നമ്മൾ തിരിച്ചു വന്നാ തിരിച്ചു വരും എന്നുവെച്ചാൽ മൃത്യു വിട്ടുപിരിയാതെ നിൽക്കുന്നു ഏത് രൂപത്തിൽ ശരീരത്തിന്റെ രൂപത്തിൽ ശരീരത്തിന് മറ്റൊരു പേരാണ് മൃത്യു ആത്മാവിന് മറ്റൊരു പേരാണ് അമൃതത്വം ശരീരം തന്നെ മൃത്യു മൃത്യോർമ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് വരും അസത്തിൽ നിന്നും സത്തിലേക്ക് അസതോമാ സദ്ഗമയ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് വരും അസത്ത് എന്നുള്ളത് ശരീരത്തിന്റെ ഒരു പേര് തമസോമ ജ്യോതിർഗമയ എന്നുള്ളത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് വരും ശരീരത്തിന്റെ ഒരു പേര് തമസ് ആത്മാവിന്റെ പേര് ജ്യോതിസ് ശരീരത്തിന് സ്വയമേവ താൻ ഉണ്ട് എന്ന് അറിയാത്തതുകൊണ്ട് തമസ് ആത്മാവിന് സ്വയമേവ താൻ ഉണ്ട് എന്നുള്ള അനുഭവമുള്ളതുകൊണ്ട് ജ്യോതിസ് അപ്പോ ജഡത്തിൽ നിന്ന് ചൈതന്യത്തിലേക്ക് വരാനുള്ള ആഹ്വാനം വിണി ഉദ്ബോധനമാണ് അവിടെ അപ്പോ സംപ്രാപ്ത സന്നിഹിതേ കാലെ ഓരോ ക്ഷണവും യമൻ പുറകെ നടക്കുന്നുണ്ടപ്പാ കൂടെ ഒരാൾ യമനെ ഇന്ന് വൈകുന്നേരം യമൻ വരാൻ പോകുന്നു ആരോ പറഞ്ഞു അത്രേ താങ്കൾക്ക് മരണമാണ് പക്ഷെ മരണകാലത്ത് യം മരണ മൃത്യുവിനെ കാണാനുള്ള ശക്തി തരണം എന്ന് പറഞ്ഞു അത്രേ ഉത്ത അപ്പോ അത് തരാമെന്ന് പറഞ്ഞ് വരം കൊടുത്തു ഏതോ ദേവൻ അപ്പൊ അയാളുടെ വീട്ടില് പൂന്തോട്ടത്തില് തിരുവനന്തപുരത്ത് പൂന്തോട്ടത്തിൽ നടക്കുമ്പോ മൃത്യു വന്ന് രാവിലെ ഷേക്ക് ഹാൻഡ് കൊടുത്തു ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോ ഇയാൾ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് ബോംബെയിലേക്ക് പോയി മൃത്യുവിനെ കണ്ടുവല്ലോ ബോംബെയിൽ പോയി ഒരു റൂം എടുത്ത് ലോഡ്ജിൽ റൂം എടുത്ത് റൂമിൽ പോയപ്പോ അവിടെ ഇരിക്കുന്നുണ്ട് എ സി ചെയറില് ഏയ് നിങ്ങളെ വിട്ടിട്ട് പേടിച്ച് ഞാൻ അവിടെ വന്നാണോ അതെ നിങ്ങളെ ബോംബെയിൽ ഈ ലോഡ്ജിൽ വെച്ച് പിടിക്കാനാണ് എനിക്ക് എഴുതിയിരുന്നത് പക്ഷെ ബോംബെയിൽ കാണേണ്ട ആളെ തിരുവനന്തപുരത്ത് കണ്ടപ്പോ ഞാൻ ശേഖരിക്കേണ്ടി തന്നതാണ് നിങ്ങൾ വന്ന ഫ്ലൈറ്റിൽ തന്നെയാണ് ഞാനും വന്നത് എനിക്കിവിടെ വെച്ച് പിടിക്കാനാണ് യോഗം സഹൈവമൃത്യുഹൂ പ്രഗതി ഒരു ക്ഷണം ഒരു നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതെ ഇറ്റ്സ് ഓൺലി എ ഫാക്ട് എത്ര സയൻസ് പുരോഗമിക്കട്ടെ തലകുത്തി നിൽക്കട്ടെ ശരീരം ഞാനാണോ മരണമുണ്ട് ശരീരം ഉണ്ടോ മരണമുണ്ട് കാരണം എന്താ ദേഹത്തിന്റെ മറ്റൊരു പേരാണ് മൃത്യു അതാണ് സന്നിഹിതെ എന്ന് പറഞ്ഞത് അടുത്ത് നിൽക്കുന്നു മൃത്യു നഹിനഹിരക്ഷതി എന്ന് നിങ്ങൾ എന്ത് പഠിച്ചോളൂ എന്ത് ശാസ്ത്രം പഠിച്ചോളൂ എന്തൊക്കെ അറിഞ്ഞോളൂ നഹിനഹിരക്ഷതി ഇതൊന്നും രക്ഷിക്കില്ല എല്ലാ ഡോക്ടർമാരും ചുറ്റും ഇരിക്കട്ടെ എന്ത് കാര്യം നോക്കിയിരിക്കുമ്പോ മരിക്കണം നമുക്ക് അവരും മരിക്കും വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതെ ഉള്ള ഒരാളെ ഓപ്പറേഷൻ ചെയ്യണം ഘട്ടത്തില് വലിയ ഡോക്ടറാണ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട നാളെ വന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്യാം എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ അടുത്ത ദിവസം വന്നില്ല രാവിലെ ഡോക്ടർ പോയി സർവത്തോ മൃത്യുഹു എന്നാണ് മൃത്യു എല്ലാവർക്കും എല്ലാ എല്ലാവരുടെ കൂടെയും ശരീരത്തിൻ്റെ രൂപത്തിലുണ്ട് അതാണ് സന്നിഹിതയെക്കാലെ നിങ്ങളുടെ ബാഹ്യശാസ്ത്രങ്ങൾ ഒക്കെ തന്നെ ശരീരത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഭഗവാൻ അഷ്ടധാപ്രകൃതി എന്ന് പറഞ്ഞ് ഏഴാം അധ്യായത്തിൽ പറയുമ്പോൾ ഭൂമി ആപഹ അനലഹ വായുഹു ഖം പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളില് നമ്മളുടെ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി ജോഗ്രഫി അസ്ട്രോണമി അസ്ട്രോളജി ഒക്കെ അടങ്ങി അസ്ട്രോണമി ഒക്കെ അടങ്ങി മനോബുദ്ധിരേവച എന്ന് പറഞ്ഞ ആന്തരപ്രകൃതി പറയുന്ന സ്ഥലത്ത് മനഃശാസ്ത്രം സൈക്കാട്രി ഒക്കെ അടങ്ങി ഇതൊക്കെ ജഡത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതൊന്നും പൂർണമല്ല ും പറഞ്ഞിട്ട് ജീവഭൂ അപരേയം പ്രകൃതി വിധ്യമേ പദാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത് ജീവഭൂതമായിട്ട് നിൽക്കുന്ന ബോധം ആ അധിഷ്ഠാനം അതില്ലെങ്കിൽ ഇതിനൊന്നും അസ്തിത്വമേ ഇല്ല പഞ്ചഭൂതവും നിൽക്കില്ല മനസ്സും നിൽക്കില്ല ബുദ്ധിയും നിൽക്കില്ല അഹങ്കാരവും നിൽക്കില്ല ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും മനോബുദ്ധി അഹങ്കാരവും ഒക്കെ ജീവഭൂതമായിട്ടുള്ള ഏതൊരു തത്വത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നുവോ ആ തത്വത്തിനെ വിട്ടുകളഞ്ഞാൽ ഇതിനൊന്നും നിലനിൽപ്പേയില്ല ഇപ്പൊ നമ്മളുടെ സകല ശാസ്ത്രങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും ഈ അഷ്ടതാ പ്രകൃതിക്കുള്ളിലാണ് കൃഷ്ണൻ എത്ര പേരെ കല്യാണം കഴിച്ചു അഷ്ടമഹിഷി അല്ലെ അഷ്ടമഹിഷി ഉദ്വാഹം എന്താണ് നമ്മൾ കഥ പറയുമ്പോൾ എട്ട് പേരുടെ പേരൊക്കെ പറയൂ എനിക്ക് ഭാഗവത് എത്ര കാലം പറഞ്ഞിട്ടോ പേര് ഓർമ്മ നിൽക്കില്ല എട്ട് പേര് ഇവരാണ് ഈ എട്ട് പ്രകൃതിയാണ് കൃഷ്ണന്റെ എട്ട് ഭാര്യമാര് അതിൽ നിൽക്കുന്ന ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യത ജഗതാ വസ്തുവാണ് കൃഷ്ണൻ അത് പൂർണ്ണ വസ്തുവിൽ നിന്നും അവതരിപ്പിക്കുന്നത് പുരുഷോത്തമൻ ജീവഭൂതമായി വേഷം കെട്ടി വരികയാണ് ഈ അഷ്ടതാ പ്രകൃതിയുടെ കൂടെ കളിക്കാനായിട്ടും അതിൽ നിന്നും അനേക വിധത്തിൽ വരും അത് പതിനാറായിരത്തെട്ടോ കോടിയോ ലക്ഷമോ എത്ര മണിയാവട്ടെ ഈ അഷ്ടതാ പ്രകൃതി ജീവഭൂതമായി നിൽക്കുന്ന ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുകയാണ് ബാക്കിയൊക്കെ നമ്മുടെ സകല ശാസ്ത്രങ്ങളും ജഡത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ടായതായതുകൊണ്ട് തന്നെ ചൈതന്യത്തിനെ സ്പർശിക്കാത്തത് കൊണ്ട് തന്നെ അപൂർണമാണ് അപൂർണമായതുകൊണ്ട് തന്നെ മൃത്യു വരുമ്പോ ഒന്നും പ്രയോജനപ്പെടില്ല യാതൊന്നും പ്രയോജനപ്പെടില്ല ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ഒരു പാട്ട് എഴുതി പാട്ട് മുഴുവൻ എനിക്ക് ലാസ്റ്റ് ലൈൻ അത് സർവം വ്യർത്ഥം മരണസമയേ സാമ്പയേക സഹായം ഓരോ ലൈനും അവസാനത വരേണ്ട പാട്ട് മുഴുവൻ എനിക്ക് ഓർമ്മയില്ല സർവം വ്യർത്ഥം മരണ സമയേ സാമ്പയേക സഹായ എന്ത് സ്വീകരിച്ചോളൂ എന്ത് പഠിച്ചോളൂ എല്ലാ സിദ്ധികളും ഉണ്ടായിക്കോട്ടെ ഇതൊക്കെ വരുമോ പാട്ടൊന്ന് ആകാശത്തിൽ ചരിക്കാനുള്ള യോഗശി സർവം വ്യർത്ഥം മരണ സമയേ സാമ്പയേക കാരണം എന്താ ഇതൊക്കെ ഈ ജഡപ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ളതൊക്കെ ഇവിടെ വിട്ടിട്ട് വേണം പോവാനേ അപ്പോ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷത്തിയ കരണേ ഗോവിന്ദൻ ഭജ എന്നാണ് ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദൻ ആരാ ആത്മരൂപിയാണ് ഗോവിന്ദൻ ആചാര്യസ്വാമികൾ തന്നെ ഗോവിന്ദൻ എന്ന നാമത്തിന് വിഷ്ണു സഹാസനാമ ഭാഷ്യത്തിൽ അർത്ഥം പറയുന്നു മഹാവാക്യങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ട പുറമേക്ക് എന്തെങ്കിലും ആണെങ്കിൽ അതിനെയും വിട്ടിട്ട് പോകണമല്ലോ അതും കാലം വരുമ്പോൾ നമ്മൾ നമ്മളുടെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടുള്ള ഭജനം ബുദ്ധിയോടുകൂടെ പോകും മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ള ഭജനം മനസ്സോടുകൂടെ പോകും ശരീരത്തിനെ ആശ്രയിച്ചിട്ടുള്ള ഭജനം ശരീരത്തോടുകൂടെ പോകും ഒരിക്കലും പോവാത്തത് ആത്മാവനെ ആശ്രയിച്ചുകൊണ്ടുള്ള സ്ഥിതി അതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗൂഢമത്തെ നാളെ ഇവിടുന്ന് ആരംഭിക്കാം സത്യം ജ്ഞാനമന്ത്മക പരമാകാശം ഗോഷപാംഗണരിഗണലോലമ പരമായാസം ഭുവനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം ഭജ govindam paramanandam ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം മൃത്സ്നത്സീതിയശോദനശൈശവന്ത്രസം വ്യാദക്ലോകോകോകർദലോക ലോക യപുരമൂല സ്തംഭം ലോകലോകമനോക്കോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഷ്ടപുവീരഘ്നം കിട്ടിഭാരഘ്നം ഭരോഘ്നം കൈവല്യം നവനാഹാരം ഭുവനം വൈമലയസ്ഫുടേ വൃത്തിവിശേഷാഭാസമനാഭാസം ണമത ഗോവിന്ദം പരമാനന്ദ ഗോവിനന്ദ ഭജ ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദംദിന്തഗോചരം തമഗോചരം ോവിം പരമാനന്ദം സദ്ഗുരു പ്രണതോസ്മ്യഹം സേ പിനസ്സു സന് നിരാമയാേ ഭദ്രാണു പശ്യോ മാ കിത് ദുഃഖഭാ ഭവത് കാചാ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യാരായണാേതി സമർപ്പമ ഗോവിന്ദന സീർത്തീ കാസ്മരണം ഹര നമ പാർവതീ പതേ